അധ്യായ പ്രവാചക ശിഷ്യന്മാർ എലീശയോട് ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലമുണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു പോകുവിനെന്ന് അവൻ പറഞ്ഞു അവരിലൊരുത്തൻ ദയ ചെയ്ത് അടിയങ്ങളോടുകൂടെ പോരേണമേ എന്നപേക്ഷിച്ചതിന് പോരാമെന്ന് അവൻ പറഞ്ഞു അങ്ങനെ അവൻ അവരോടുകൂടെ പോയി അവർ യോർദാങ്കലെത്തി മരം മുറിച്ചു എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലിയൂരി വെള്ളത്തിൽ വീണു അയ്യോ കഷ്ടം യജമാനനെ അത് വായ്പ വാങ്ങിയതായിരുന്നു എന്നവൻ നിലവിളിച്ചു അതെവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു അവൻ ആ സ്ഥലം അവനെ കാണിച്ചു അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു ആ ഇരുമ്പ് പൊങ്ങിവന്നു അതെടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു അവൻ കൈനീട്ടി അതെടുത്തു അനന്തരം അരാം രാജാവിന് ഇസ്രയേലിനോട് യുദ്ധമുണ്ടായി ഇന്നിന്ന സ്ഥലത്ത് പാളയമിറങ്ങണം എന്നിങ്ങനെ അവൻ തന്റെ കൃത്യന്മാരുമായി ആലോചന കഴിച്ചു എന്നാൽ ദൈവപുരുഷൻ ഇസ്രയേൽ രാജാവിനോട് ഇന്ന സ്ഥലത്തുകൂടി കടപ്പാതിരിപ്പാൻ സൂക്ഷിക്കാം അരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു അങ്ങനെ അവൻ ഒരു പ്രാവശ്യമല്ല രണ്ടു പ്രാവശ്യവുമല്ല തന്നെത്താൻ രക്ഷിച്ചത് ഇത് ഹേതുവായി രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി അവൻ ഭൃത്യന്മാരെ വിളിച്ച് അവരോട് നമ്മുടെ കൂട്ടത്തിൽ യേൽ രാജാവിന്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ യശമാനായ രാജാവെ കാര്യമങ്ങനെയല്ല നീ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രയേലിലെ പ്രവാചകനായ എലീശ ഇസ്രയേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ ചെന്ന് അവൻ എവിടെയിരിക്കുന്നുവെന്ന് നോക്കുകേ ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കുമെന്ന് കൽപ്പിച്ചു അവൻ ദോഥാനിലുണ്ടെന്ന് അവന് അറിവുകിട്ടി അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു അവർ രാത്രിയിൽ ചെന്ന് ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു ബാല്യക്കാരൻ അവനോട് അയ്യോ യജമാനനെ നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു അതിനവൻ പേടിക്കേണ്ട നമ്മോട് കൂടെയുള്ളവർ അവരോടുകൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു പിന്നെ എലീശ പ്രാർത്ഥിച്ചു യഹോവെ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവിയോട് പ്രാർത്ഥിച്ചു ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു എലീശയുടെ അപേക്ഷപ്രകാരം അവനവരെ അന്ധത പിടിപ്പിച്ചു എലീശ അവരോട് ഇതല്ല വഴി പട്ടണവും ഇതല്ല എന്റെ പിന്നാലെ വരുവേ നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ അടുക്കൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അവനവരെ ശമരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശമരിയയിലെത്തിയപ്പോൾ എലീശ യഹോവെ കാണത്ത കവണ്ണം ഇവരുടെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു യഹോവ അവരുടെ കണ്ണ് തുറന്നു അവർ നോക്കിയപ്പോൾ തങ്ങൾ ശമരിയയുടെ നടുവിൽ നിൽക്കുന്നത് കണ്ടു ഇസ്രയേൽ രാജാവ് അവരെ കണ്ടിട്ട് എലീശയോട് എന്റെ പിതാവെ വെട്ടിക്കളയട്ടെ ഞാൻ ഇവരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു അതിനവൻ വെട്ടിക്കളയരുത് നിന്റെ വാൾകൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ ഇവർ തിന്നുകൂടിച്ച് തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്ന് ഒരുക്കി അവർ തിന്നുകുടിച്ച ശേഷം അവനവരെ വിട്ടയച്ചു അവർ തങ്ങളുടെ യജമാനന്റെ അടുക്കൽ പോയി അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല അതിന്റെ ശേഷം ആരാം രാജാവായ ബെൻഹദദ് തന്റെ സൈന്യത്തെ ഒക്കെയും കൂട്ടി പുറപ്പെട്ടു ചെന്ന് ശമരിയെ വളഞ്ഞു അവർ ശമരിയെ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമം ഉണ്ടായി ഒരു കഴുതത്തലയ്ക്ക് എൺപത് വെള്ളിക്കാശും കാൽക്കബ്ബ് പ്രാകാഷ്ടത്തിന് അഞ്ചു വെള്ളിക്കാശും വരെ വില കയറി ഒരിക്കൽ ഇസ്രായേൽ രാജാവ് മതിലിന്മേൽ നടക്കുമ്പോൾ ഒരു സ്ത്രീ അവനോട് യജമാനനായ രാജാവെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു അതിനവൻ യഹോവാ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് തന്ന് നിന്നെ രക്ഷിക്കേണ്ടു കളപ്പുരയിൽ നിന്നോ മുന്തിരിച്ചക്കിൽ നിന്നോ എന്ന് ചോദിച്ചു രാജാവ് പിന്നെയും അവളോട് നിന്റെ സങ്കടം എന്ത് എന്ന് ചോദിച്ചതിന് അവൾ ഈ സ്ത്രീ എന്നോട് നിന്റെ മകനെ കൊണ്ടുപോവാ ഇന്ന് നമുക്കവനെ തിന്നാം നാളെ എന്റെ മകനെ തിന്നാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്റെ മകനെ പുഴുങ്ങി തിന്നു പിറ്റെന്നാൾ ഞാൻ അവളോട് നിന്റെ മകനെ കൊണ്ടുപോവാ നമുക്കവനെയും തിന്നാമെന്ന് പറഞ്ഞാറേ അവൾ തന്റെ മകനെ ഒളിപ്പിച്ചു കളഞ്ഞു എന്നു പറഞ്ഞു സ്ത്രീയുടെ വാക്കുകേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി അവൻ മതിലിന്മേൽ നടന്നുപോകെയായിരുന്നു ജനം അവനെ നോക്കിയപ്പോൾ അവൻ ദേഹം പറ്റെ രട്ടുടിത്തിരിക്കുന്നത് കണ്ടു ഷാഫാത്തിന്റെ മകനായ യുടെ തല ഇന്നവന്റെ ഉടലിന്മേൽ ഇരുന്നാൽ ദൈവം എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്നവൻ പറഞ്ഞു എലീശ തന്റെ വീട്ടിൽ മൂപ്പന്മാരോടുകൂടെ ഇരിക്കുമ്പോൾ രാജ ഒരാളെ തനിക്ക് മുമ്പായി അയച്ചു ദൂതൻ എലീശയുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പേ അവൻ മൂപ്പന്മാരോട് എന്റെ തല എടുത്തു കളവാൻ ആ കുലപാതക പുത്രൻ ആളയച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ നോക്കുവിൻ ദൂതൻ വരുമ്പോൾ നിങ്ങൾ വാതിലടച്ച് വാതുക്കൽ അവനെ തടുത്തുകൊൾവി അവന്റെ യജമാനന്റെ കാലൊച്ച അവന്റെ പിമ്പിൽ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അവനവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതനവന്റെ അടുക്കൽ എത്തി ഇതാ ഈ അനർത്ഥം യഹോവയാൽ വരുന്നു ഞാനിനി യഹോവയെ കാത്തിരിക്കുന്നത് എന്തിന് എന്ന് രാജാവ് പറഞ്ഞു